ും കൂട്ടത്തിൽ തന്നെയാണ് ഇതാണ് ഒരു മനോഹരമായ കഥ മുഹമ്മദൂ എന്ന് പറഞ്ഞ ഞാൻ കഥയിലേക്ക് കടക്കാം അതാ മുഹമ്മദ് ഈ ഭാരവും വരച്ചു നടന്നു പോവുകയാണ് ഈ സ്ത്രീയോട് ഒരിക്കലും ചോദിക്കുന്നില്ല ഉമ്മാമയുടെ പേരെന്താണ് എന്ന് ഈ സ്ത്രീയോട് ചോദിക്കുന്നില്ല നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഈ സ്ത്രീയോട് ചോദിക്കുന്നതിൽ നിങ്ങളുടെ കുലമേതാണ് എന്ന് ഈ സ്ത്രീയോട് ചോദിക്കുന്നതിൽ നിങ്ങളുടെ കുടുംബമേതാണ് എന്ന് ഭാരം വഹിച്ച് എട്ടേൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ ഉമ്മാമ പ്രതികരിക്കുന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാര നീയൊരു നല്ല കുറ്റിയാണ് നീയൊരു നല്ല ചെറുപ്പക്കാരനാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ ഒരു മുഹമ്മദ് വന്നിട്ടുണ്ട് ഒരു വലിയ ഒരു പുതിയ ആശയവുമായിട്ട് നമ്മുടെ പഴയകാല നമ്മുടെ കാരണ കക്ക കാരണമാരുടെ എല്ലാ ശൈലികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദിബങ്ങൾ അൂരക്കളെയാൻ ആക്കുവാനും ചെയ്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കിണികലി കൊടുങ്ങി അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമേടെ മന്ദസ്മിതം ഒരു വലിയ പ്രഭാഷണമായിരുന്നു പ്രഘോഷണമായിരുന്നു فربودنا مائرمو وعضا مائرمو أمامك ملسلعي إدانا محمد أشهد أن لا إله إلا الله أشهد أن محمد الرسول الله إداني مانفرنجة ترسارا نام پرسنجي كار نامك برماجagan صلى الله وليه وسلم سجود القدقم بول كأيب بطيقال എവിടെന്നു വെച്ചത് കാലിന്റെ തള്ളവിരൽ എത്രമാത്രം മടക്കിയിരുന്നു മുങ്കയും ശുചോദി ചെയ്യുമ്പോൾ തല എവിടെ മുട്ടി മൂക്ക് മുട്ടിയോ ഇതൊക്കെ സുന്നത്തിൽ നാം പരതും ഇതിനൊന്നും കുറ്റം പറയുകയല്ല ഇതൊക്കെ പരതും ഒരിക്കലും അറിയപ്പെടാത്ത സ്ത്രീ ആ സ്ത്രീയുടെ മാര മുഹമ്മദ് വഹിച്ചതിന് എത്ര കിലോ തൂക്കമുണ്ടായിരുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല നാം ഒന്ന് ചിന്തിച്ചു നോക്കണം നാം നടന്നു പോകുമ്പോൾ ഒരു വറീതോ ഒരു പുരുഷോത്തമരോ എന്തെങ്കിലും സാധനവോ കൊണ്ടുപോകുമ്പോൾ രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് സജ്ജി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നാം ചോദിക്കാറില്ല ചേട്ടാ ഞാൻ പിടിക്കാമെന്ന് കാരണം എന്താണ് എന്തുകൊണ്ട് നാം അന്വേഷിക്കുന്നില്ല നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് അയാൾ തൻ്റെ ആദർശത്തിലുള്ളവനാണോ എന്നാണ് നമുക്ക് ആദ്യമായി അറിയേണ്ടത് അയാൾ തൻ്റെ പങ്കാളിയാണോ എന്നാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് അയാൾ എൻ്റെ പാർട്ടിക്കാരനാണോ എന്നാണ് അങ്ങനെ നിറവും മണവും വർണ്ണവും നോക്കിക്കൊണ്ട് മാത്രം സഹായഹസ്തങ്ങൾ നീട്ടുന്ന പരമജയനീയമായ ഒരു മാനുഷിക അവസ്ഥയിൽ ീർണിച്ച് കിടക്കുന്നൊരു സമൂഹമാണ് നാം എവിടെയാണ് പ്രവാചകൻ സല്ലാഹുലമിന്റെ ദൗത്യം വിജയിക്കുന്നത് നമുക്കറിയാം ഒരു യഹൂദസ്ത്രീ നിത്യവും നിങ്ങൾ കേട്ട കഥകളാണ് പക്ഷേ ഞാനിതൊരു മറ്റൊരു ഭാഷ്യത്തിലൂടെ നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ഒരു ശ്രമം നടത്തുകയാണ് എന്നും യഹൂദശ്രീ കാത്തുനിൽക്കുകയും പ്രവാചകൻ സല്ലുള്ള തലയിലേക്ക് അവർ അടിച്ചു വാരി കോരി സൂക്ഷിച്ച ഈ ചപ്പു ചവറുകൾ പ്രവാചകന്റെ തലയിലേക്ക് വർഷിച്ചല്ലാതെ ആശ്വാസമില്ലാത്ത പെൺകുട്ടി അപ്പോഴൊക്കെ പ്രവാചകന്റെ കൂടെ നടക്കുന്ന അനുയായികൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുമായിരുന്നിട്ടും ഒന്നും സംഭവിക്കാത്തവനെ പോലെ നടന്നു പോകുന്ന പ്രവാചകൻ സല്ലുസല്ല ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ ചപ്പു ചവർ കാണാതായപ്പോൾ പ്രവാചകൻ നിൽക്കുകയാണ് പ്രവാചകൻ അന്വേഷിക്കുകയാണ് എവിടെയാണ് ആ പെൺകുട്ടി അവൾക്ക് എന്ത് സ്വാഭാവികമായും മനുഷ്യരാണ് കൂടെയുള്ള ഏതായാലും ആ പെൺകുട്ടി ഇന്നില്ല എന്ന് ആശ്വസിച്ചിരിക്കണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കുരുത്തങ്കട്ടവൾ ഇന്ന് ഇവിടെയില്ല പക്ഷേ മനുഷ്യ സ്നേഹിയായ മുഹമ്മദ് മുസ്തഫുലി വസ്ല്ല എന്തുപറ്റി ആ പെൺകുട്ടിക്ക് എന്ന് പ്രവാചകൻ അന്വേഷിക്കുകയാണ് അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ യഹൂദ കുടുംബത്തിലെ അവർക്ക് അത്ഭുതം എവിടെയാണ് ആ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ അവൾ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുന്നു എന്ന വാർത്തയെറിഞ്ഞപ്പോൾ അവൾ തിലച്ചുകൊണ്ട് താനെന്നും അക്രമിക്കുകയും താനെന്നും ചപ്പു ചവറുകൾ വാരിയറിയുകയും ചെയ്യുന്ന മനുഷ്യൻ എന്റെ അസ്വസ്ഥത കണ്ടുകൊണ്ട് എന്റെ പ്രയാസം കണ്ടുകൊണ്ട് എന്നെ കാണാതായപ്പോൾ അന്വേഷിച്ചിരിക്കുകയാണ് ഇതൊരു പ്രവാചകൻ തന്നെയാണ് അതാ അവിടെ നിന്നും മുടങ്ങുന്നു ഇത് പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രസാരണ ശൈലിയാണ് എനിക്കിപ്പോൾ ഇവിടെ പ്രവാചകന്റെ പ്രബോധനവും പ്രസാരണവും അതിൻ്റെ വിശേഷണവും പറയലല്ല സാംസ്കമായി എൻ്റെ നാട്ടുകാരോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ഇക്കമാരോട് എൻ്റെ ഉണ്ണികളോട് എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് ഒരു കണ്ണു തുറക്കാൻ വളരെ വളരെ വൈകിയിരിക്കും നാം എവിടെയാണ് നമുക്കെന്ത് പറ്റി എന്താ പറ്റി നിങ്ങൾക്ക് എവിടെയാണ് വെക്കരുത് ഒരുപാട് വട്ടം കൂടിയിരുന്ന് ചൊല്ലാറുണ്ടല്ലോ ചുണ്ടു നനച്ചുകൊണ്ടും മനസ്സ് നനച്ചുകൊണ്ടും ഹൃദയം നിറച്ചുകൊണ്ടും ആടിക്കൊണ്ടും പാടിക്കൊണ്ടും ചൊല്ലാറില്ലേ എന്നിട്ട് എന്ത് ഈ മനസ്സിനെ എന്ത് ഹൃദിപ്പിക്കാണത് പടച്ച തമ്പുരാന്റെ വെക്കത് കൊണ്ടല്ലാതെ മനുഷ്യന്റെ മനസ്സിന് ശാന്തിയുമില്ല സമാധാനവും ഇല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രമുഖം അന്യന്റെ രഹസ്യങ്ങളെ കുറിച്ച് അന്യന്റെ നീക്കങ്ങളെക്കുറിച്ച് ഗൂഢാലോചനകളെ കുറിച്ചും പ്രയാസം കൊള്ളുന്ന വിമിഷ്ടപ്പെടുന്ന ഊഹാപോഹങ്ങളുടെ പുതമസിൽ പടച്ച തമ്പുരാനെ ഈ നാടിനെ രക്ഷിക്കണേ എന്ന് ഈ പ്രമദാനിൻ്റെ പരിശുദ്ധയാമങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ നഗരിവിന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പ്രകാശത്തെ കുറച്ച് ആ പ്രകാശം പ്രകാശം പ്രകാശത്തോട് പ്രകാശം എന്ന് പരിശുദ്ധ കുറാൻ സർവശക്തനായ ബാഹു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഈ വാചകമുണ്ടല്ലോ ഈ പ്രകാശമുണ്ടല്ലോ ഈമാനുണ്ടല്ലോ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ ആഴങ്ങളിലേക്കോ അതിന്റെ അഘാത വ്യർത്ഥങ്ങളിലേക്കോ നിങ്ങൾ മുങ്ങിപ്പോകേണ്ടതില്ല അതിന്റെ ആഴങ്ങളിൽ തപ്പി ഊളയിടേണ്ടതുല്ല ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർആാനി